ണു ചാത്തന്റെ പാട്ടിനൊരു തളർച്ച കിഴക്ക് വെള്ള കയറി തുടങ്ങിയില്ല വിളക്ക് ചൂട് കൂടുകയും ചെയ്യുമ്പോട്ടും തമ്പ്രാ വിളക്കും പിടിച്ച് താനിങ്ങനെ പിന്നോട്ട് നടന്നാലോ മുന്നോട്ട് വരിക പകലേ തെളിയാത്ത കണ്ണാടക്കാറ്റ് പേടിച്ചത് ഓ അതും കുറ്റോ ഞാൻ വിളക്ക് കെടാതെ നോക്കുക അയ്യോ കേട്ടു കൊരങ്ങൻ പോയി കത്തിച്ചിട്ട് പാടാ അത് ആ തമ്പരാന ഇവിടെ തന്നെ നിക്കണേ പടവിന് വഴുക്കൽ ഉള്ളതാ മാളോമേ മാളവേ ഓ ഇവിടെ പോയി കത്തിച്ചിട്ട് വരാൻ വന്നു കഴിഞ്ഞു ചോദിച്ചത് ആരുല്ലാത്തപ്പോ അവസാനം നീ കാണൂ വരൂ പടവിനൊക്കെ നല്ല പഴുക്കല് ഞാനില്ലേ കൂടെ തമ്പുരാണേ വല്ലമ്പരാണേ അയ്യോ ഇതെവിടെ പോയി മാളൊന്ന് ഒന്ന് നോക്കി ഇനി തനിച്ചിറങ്ങിയ അപകടം വല്ലതും തമ്പരാണേ അല്ല കുളിയും ജപവും ഒക്കെ കഴിഞ്ഞോ ഇരുട്ടത്തി പടവൊക്കെ തനിച്ചിറങ്ങി എനിക്കങ്ങട് വിശ്വസിക്കാനേ ആകുന്നില്ല നല്ല വെളിച്ചത്തിൽ നമ്മളിറങ്ങിയാലേ തെന്നി വീഴുന്ന പടവ് അവിടെയാണ് കണ്ണുപാത കാണാത്ത വരാൻ അത് ഒറ്റയ്ക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല മനുഷ്യന്മാർക്ക് വിശ്വസിക്കാനാകാത്ത ഒരുപാട് ഇവിടെ ഉണ്ട് നാണുനായേ താൻ പുതിയതായതുകൊണ്ടാ ഈ വല്യം പറഞ്ഞു സംസാരിക്കുന്നത് ആരോടാണെന്നാ മരിച്ചോരുടെ ഇപ്പം മനസ്സിലായോ അരണ്ട വെളിച്ചത്തിൽ പുഴയിൽ കുളിച്ചു കയറിയത് എങ്ങനെയാണെന്ന് കാണും ായ ാടകരചന ഷിബു ചക്രവർത്തി അഭിനേതാക്കൾ സർവശ്രീ എം കെ വാര്യർ വി എസ് രവീന്ദ്രനാഥ് കെ എൻ നാരായണൻകുട്ടി പി വൈ ജോസ് ടി കെ സി നെട്ടൂർ ഉണ്ണി സത്താർ ഡി പരമേശ്വരൻ ശ്രീമതി ബി പ്രഭാവതി മിനി എം പി ബബിത संविधान के वी शरच्र അടിച്ചാലും അടിച്ചാലും തീരൂല തെക്കെന്ന് അടിച്ചു കൂട്ടി വടക്കെത്തണ്ട തെക്ക എത്തു വീണ്ടും വീണ്ടും ഉണ്ടാവും പിന്നെ പിന്നാരം പറയാൻ കെട്ടിയ നായരല്ലേ മുറ്റത്ത് കിടക്കണത് എന്നതാണ് നായരെ ഒന്ന് നോക്കിയേ ഇന്നലെ അന്തിക്ക് തൂത്ത് തെളിച്ച മുറ്റമാണിതൊന്ന് കണ്ടാൽ ആരെങ്കിലും പറയുവോ ഇങ്ങനുണ്ടോ ഒര് ഇലവൊഴിച്ചില് മുറ്ററയ മാവുമ്പളാവും പ്രം വല്ല്യമ്പരാനേക്കാൾ കൂടുതലുംങ്ങോട് വെട്ടിത്തെ ആ അതും പറഞ്ഞോണ്ട് വല്യമ്പരാന്റെ അടുത്തേക്ക് ചെന്നേക്ക് വെട്ടി അരിഞ്ഞിടുന്നതേ നിങ്ങളേ നല്ല മൂപ്പുള്ള മരങ്ങള് മാപ്പിളമാര് കാശത്ര പറഞ്ഞതാ ഒക്കെ എന്റെ കാലം കഴിയുന്നതോടെ ൂത്തുതെളിക്കാൻ ആളില്ലാതെ ചപ്പില മൂടി ഇത് തീരും പത്തു പതിനഞ്ചു അന്തി നോക്കാതെ പണി വരുന്നിടത്ത് ഇപ്പൊ ഞാൻ ഒരുത്തി കിടന്നുരുള്ളണത് വയ്യന്റെ ഭഗവതിയെ വയ്യാണ്ടായി അന്നോട്ടെ അത് ഞാനിപ്പ എന്താ പറഞ്ഞത് അല്ല െത്തിയാലും മുറ്റടിച്ചു കഴിയില്ല എന്നുണ്ടോ ഇപ്പൊ അടിച്ചടിച്ച് അന്തിയാക്കണ്ട അകത്തിന്ന് പണി അധികണ്ട് വടക്കിനിയും വലിയ മുറിയും ഇന്ന് തൂത്ത് വെടിപ്പാക്കിയിടണം ആളുവിന് ഒരു കൈസഹായത്തിന് ുംകത്തേക്ക് പോയിക്കോളിയ മുറിവർ ആരെങ്കിലും വരണുണ്ടോ ആരാ അറിയില്ല പിന്നെ എങ്ങനെ അറിഞ്ഞു എല്ലാം അറിയണോ വന്നതും വരുന്നതും വരാനിരിക്കണതും എല്ലാം അത് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖവും ഇവരവിടെ എന്ത് ചെയ്യാനാണോ വാതില് ചവിട്ടിപ്പൊളിക്കുന്ന പോലെ ഉണ്ട് വിട്ടി പൊളിക്കാൻ വരുമെന്നാ തോന്നണത് എന്റെ ഭഗവതിയെ ഈ വാതിൽ പൂട്ടിയിട്ടില്ലല്ലോ തമ്പുരാണേ തമ്പുരാണേ എന്താ കണ്ടില്ലേ തൂത്ത് തുടച്ച് കിടക്കുണ്ട അപ്പുറത്ത് പോയി പണി വലുതുണ്ടോ ആ തൊട്ടിയിലൊക്കെ വെള്ളം നിറച്ചിടുക ചെല്ലും കൂടെ ഓടും ഒക്കെ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവണില്ല തനിക്കൊന്നും മനസ്സിലാകില്ല എടോ മണ്ടൻ നായരേ ആ മുറി അടിച്ചിട്ടും തുടച്ചിട്ടും വർഷം എത്ര ആയിന്ന തന്റെ വിചാരം വല്യങ്ങത്തിനെ എടുത്ത് കിടത്തിയിട്ട് അന്ന് പൂട്ടിയ വാതില ആ വല്യമ്പ്രാന്റെ മകൻ ഞങ്ങളൊക്കെ വല്യങ്ങത്തെന്നാ വിളിച്ചിരുന്നെ ആരും വിളിച്ചു പോകും ഓ നിപ്പും നോട്ടു നടത്തും ഓ എന്തായിരുന്നു പ്രവിടി ഒറ്റ ദിവസം വീണത് ഇറക്കി കിടത്തിയപ്പോഴും ജീവൻ ഉണ്ടെന്ന് തോന്നി അന്ന് പൂട്ടിയ വാതലാ നമുക്ക് കാണാനും കേക്കാനും കഴിയാത്ത പലതും ഇവിടെ ഉണ്ട് ഒറ്റക്കിരിക്കുന്ന ചില നേരത്ത് ആരോ തൊട്ടിലാട്ടുന്ന പോലെ സ്വരം പിന്നെ ശ്രദ്ധിച്ച കരഞ്ഞുകൊണ്ട് ആരോ കുഞ്ഞിനെ താരാട്ടുപാടുകയാണെന്ന് തോന്നുന്നു മഴ നനഞ്ഞെത്തുന്ന കർക്കിടക കാറ്റില്ലേ അതുപോലെയാ ആ പാട്ട് നെഞ്ചു നനച്ചു കളയും കുഞ്ഞുറങ്ങിയോ വടക്കിനിയും വലിയ മുറിയും അടിച്ചു തുടച്ചിട്ട് നീയാലേ നന്നായി വിരുന്നുകാർ വരണന്ന് എന്നെക്കാൾ മുമ്പറിഞ്ഞു വിരുന്നുകാരല്ല ഉപദ്രവിക്കരുത് വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല വർഷങ്ങൾ പലത് കഴിഞ്ഞു കഴിഞ്ഞതൊന്നും ഇനി തിരിച്ചു വരാനും പോണില്ല പിന്നെ പിന്നെ എന്തിനാ മോളെ ഈ കാത്തിരിപ്പ് കാണണം പൂർത്തിയാകാതെ പോയതെല്ലാം പൂർണ്ണമാക്കണം പൂർത്തിയാകാത്തത് എന്താ മോളെ ഇവിടെ പ്രസവിക്കാതെ ഞാൻ പേർന്നെയും മാതൃത്വം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മൂന്ന് കാലവും കാണുന്ന കണ്ണുകൾക്ക് ഇത് എന്തേ എല്ലാ അറിയാൻ ദൈവ അല്ലല്ലോ കുട്ടി ഞാൻ അതിന് ഞങ്ങൾ അറിയിച്ചിരുന്നില്ലല്ലോ അതുകൊള്ളാ വല്യമ്പ്രാനെ ഇതൊക്കെ ആരെങ്കിലും അറിയിച്ചിട്ട് വേണോ ആ നിങ്ങള് നടക്ക് വല്യമ്പ്രാൻ രാവിലെ മുതൽ കാത്തിരിക്കരേ ആ പെട്ടിയൊക്കെ ഇതാറ പുതിയൊരാള് വരിക വരിക വലത് കാലി വെച്ച് തന്നെ കയറിക്കൊള്ളും മോളെ ആരതി ഒഴിഞ്ഞ നിലവിളക്കോടെയാണ് കയറേണ്ടത് അതാണ് ഇവിടുത്തെ പതിവ് ആദ്യത്തെ അവൻ അതൊക്കെ പറയും മടിക്കണ്ടാ മോള് കയറി വന്നോളൂ വരിക അടുത്തേക്ക് വരിക മുത്തശ്ശനൊന്ന് കാണട്ടെ കൊളുത്തിവെച്ച നിലവിളക്ക് തന്നെയല്ലേ ആള് പിന്നെന്തിനാടോ കയ്യിലൊരു വിളക്ക് അനുഗ്രഹിക്കണം എഴുന്നേൽക്കുണ്ട് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കഴിഞ്ഞ അഞ്ചു വർഷവും മുത്തശ്ശിനെ പറ്റി ഈ കോവിലകത്തെ പറ്റി ബട്ട് ഇറ്റ് എന്റെ ഇമാജിനേഷൻ എല്ലാം അപ്പുറത്താണിത് അതിന് കോവിലകത്തിന്റെ പുറം മാത്രമല്ലേ കണ്ടുള്ളൂ സുമത്രിയാക എല്ലാം ഒന്ന് കൊണ്ടുപോയി കാണിക്കെല്ലാം വലിയ മുറിയിലേക്ക് വെച്ചുള്ളൂ വലിയ മുറിയിലോ ശരി മാധവൻകുട്ടി താനെന്നായാലും തിരിച്ചു വരുന്നെനിക്കറിയായിരുന്നു വരാതിരിക്കാൻ തനിക്ക് ആവില്ല ആഗ്രഹിച്ചതല്ല ദുരന്തങ്ങളുടെ പഴയ ഓർമ്മകളിലേക്ക് ശവിക്കപ്പെട്ട ഇന്ദ്രകളിലേക്ക് തിരിച്ചു പോകാൻ ആരാണ് ആഗ്രഹിക്കുക മാധവൻകുട്ടി ശാപവും അനുഗ്രഹവും ഇല്ല സംഭവിക്കുന്നത് സുഖകരമാണെങ്കിൽ നമ്മൾ അതിനെ അനുഗ്രഹം എന്ന് വിളിക്കണം അല്ലാതെ ലോകം ആരെയും അനുഗ്രഹിക്കണമില്ല ശപിക്കണമില്ല ആ അതുപോട്ടെ എന്നിട്ട് എന്തേ തിരിച്ചുപോകുന്നു സുഭദ്രയുടെ നിർബന്ധം ഇവിടെ വന്നാൽ കുട്ടി ജനിക്കുന്ന നാഡീജോൽസിൻ്റെ പ്രവചനം അത് വിശ്വസിക്കാൻ നാഡീജോത്സ്യം വേണ്ടി വന്നോ ഈ പഴം നാവ എന്നേ ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല അവളുടെ ഒരാശ്വാസത്തിന് അത് മതി തന്നോളും ഇരുപത്തൊന്ന് ദിവസം താഴേക്കാവിൽ നെയ്ത്തിരി വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥന ശീലമാക്കുക ശീലം വിശ്വാസം ഉണ്ടാക്കിത്തരും ആ യാത്ര ചെയ്തു വന്നതല്ലേ പോയി വിശ്രമിച്ചോളൂ രാവിലെ കടത്തുകാരൻ കുമാരം വരും അക്കരെ താഴേക്കാവിലേക്ക് കൊണ്ടുപോവാൻ എയ്റ്റ് ഓ ക്ലോക്ക് അല്ലേ കിടന്നു കഴിഞ്ഞു എന്തൊരു സൈലൻസ് ഇത് ഗ്രാമമാണ് രാവും പകലും ഇല്ലാത്ത ബാംഗ്ലൂർ ടൗൺ അല്ല കിടന്നു മാധവംകുട്ടി വേണ്ട അതെല്ലാം ഞാൻ ചെയ്തോളാം ഒന്ന് കൂടെ വന്നു മതി ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നിട്ടും മാധവൻകുട്ടിക്ക് എന്താ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത സയൻസൊക്കെ ഞാനും കുറെ പഠിച്ചതാ എം വരെ ആരൊക്കെയോ കണ്ടെത്തിയത് അതല്ലേ നമുക്കറിയൂ കണ്ടെത്താത്തത് ഇനിയും ഉണ്ടാകും കണ്ടെത്താത്തോണ്ട് മാത്രം അത് സത്യലാണ്ടാവില്ലല്ലോ പൂർണ്ണമല്ലാത്ത ഒന്നിനെ പരിപൂർണമായി വിശ്വസിക്കാൻ വയ്യെന്നേ ഞാനും പറഞ്ഞുള്ളൂ മാധവൻകുട്ടി അമ്മയാകാനുള്ള ഒരു സ്ത്രീയുടെ ആഗ്രഹത്തിന് പ്രത്യുൽപാദനത്തിന്റെ ജീവശാസ്ത്രത്തെക്കാൾ ഒരുപാട് അർത്ഥവും ആഴവുമുണ്ട് അതൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കറിയില്ല ഇനി പറഞ്ഞാലും നിങ്ങൾക്കൊന്നും അത് മനസ്സിലാകാനും പോണില്ല പക്ഷേ രാവിലെ എന്റെ ഒപ്പം കാവില് വന്നില്ലെങ്കിൽ അപ്പോഴറിയും കേൾക്കണുണ്ടോ ഇല്ല ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു എന്താ ഇത് മാധൻകുട്ടി മാധവൻകുട്ടി മാധവൻകുട്ടി പാടുന്ന പോലെ തൊട്ടിലാടുമ്പ ശബ്ദം നിനക്കെന്താ പ്രാന്തണ്ടോ കാറ്റലൽപ്പാളി വിളകിയതായിരിക്കും കിടന്നുറങ്ങാൻ നോക്ക് തമ്പരാട്ടിക്ക് പരിചയക്കുറവുണ്ട് അല്ലേ പേടിക്കണ്ട ആഴം ഒന്നുമില്ല കിഴക്കമ്പലയിൽ ഡാം വന്നതോടെ മഴക്കാലത്തും പുഴയിൽ വെള്ളം ഇനി ഏറിയ ഒരു മാസം കൂടി ഇപ്പഴേ അടി തട്ടി തുടങ്ങി ഈ പുഴ പറ്റുവോ പിന്നെ വേനൽ വരുന്നതോടെ അടിയിലെ പാറകൾ തിളിഞ്ഞു തുടങ്ങും പിന്നെ കുമാരനും വള്ളവും കരപ്പയിൽ വറ്റി വറ്റിയ അവസാനം കണ്ണീരൊഴുകുന്നത് പോലെ ആകും പിന്നെ മേടച്ചൂടിനൊരുങ്ങി പാറകളുടെ ഒരു കിടപ്പുണ്ട് കണ്ണീരൊലിപ്പിച്ച് മഴയും കാത്തു കിടക്കാണ് ഈ പുഴയെന്ന് തോന്നുന്നു മഴ കാത്തുകിടക്കുന്ന പുഴറ്റിക്കൽ ഇമേജറി അല്ലേ മാധവൻകുട്ടി വല്യംപ്രാൻ പറഞ്ഞതനുസരിച്ച് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഉദ്ദിഷ്ട കാര്യം മനസ്സിൽ ധ്യാനിച്ച് ഏഴുതിരിയും കൊളുത്തി ആ വിളക്ക് ഇങ്ങോട്ട് തരിക മാധവൻകുട്ടി ആദ്യം കൊളുത്തു നീ കൊളുക്കാമോ സന്താനലബ്ധിയല്ലേ രണ്ടാളും ചേർന്നങ്ങ് കൊളുത്തുക എന്താ മാധവൻകുട്ടിക്ക് ഒരു വിശ്വാസക്കുറവ് പോലെ മുടങ്ങാല പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉറപ്പാ വല്യമ്പ്ര പറഞ്ഞാൽ ആ പറഞ്ഞത് പിഴക്കില്ല അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല നല്ലത് കൊളുത്തി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് തന്നോളൂ അമ്മേ മഹാമായേ കണ്ണടച്ച് മനസ് നീറി ചോദിച്ചാൽ ഈ അമ്മ എന്തും തരും പ്രാർത്ഥിച്ചോളൂ നല്ല പിച്ചിപ്പൂവിന്റെ ഗന്ധം അല്ലേ മാധവൻകുട്ടി പിച്ചിപ്പൂ ഇവിടെ പറയാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കും പക്ഷേ പിച്ചിപ്പൂവിന്റെ ഗന്ധമുണ്ടെന്നുള്ള സത്യ ആയിക്കോട്ടെ ശരിയാണല്ലോ വൃശ്ചിക രാവുകളിൽ പൂത്ത് നിൽക്കുന്ന പിച്ചക പൂക്കൾ ഈ ഗന്ധം എനിക്കറിയാം കൗമാരത്തിന്റെ കൽപ്പടവുകൾ എവിടെയോ വെച്ച് ഞാൻ ആദ്യമായി നിന്റെ മുടിക്കൂറെ മണം വന്നു ഓ അത് ഞാൻ പിന്നെ ഇന്നലെ സ്വർഗത്തിൽ മണവുമായി ഇങ്ങോട്ട് പൊട്ടി വീണതല്ലേ അങ്ങനെയാവോ അപ്പം നീ കാര്യത്തിന്റെ അവനാരുടെ മകളല്ലേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ രാമൻ്റെ എന്നിട്ട് അതെ ആരോടും പറയരുത് ഉം പിച്ചിപ്പൂച്ചിട്ട് എണ്ണ തേച്ചിട്ടാ ഏ അതല്ല പിന്നെ താഴേക്കാവിന്റെ മുറ്റത്ത് പോയി ഈ ഞാൻ തന്നെ പറിച്ചോണ്ടെന്ന് പിച്ചിപ്പൂവാ ഞാനൊന്ന് മണത്ത് നോക്കട്ടെ നോക്കിക്കോ പിന്നെ അല്ലേ പിന്നെ നിന്റെ ഗന്ധവാ എന്താ മാധേട്ടത് വിട് ആരെങ്കിലും കാണും എന്തിനേറെ പറയുന്നുണ്ട് മോളെ നമ്മുടെ ഈ കുളിപ്പടവിലും എടനാഴിയിലും മച്ചുംപുറത്തുമൊക്കെ കളിചിരി തമാശകളൊക്കെ കേട്ടെങ്കിലും കണ്ണീം വന്നു പെട്ടിട്ടും കണ്ടില്ലാന്ന് ഞങ്ങൾ അങ്ങ് കൂട്ടി ഓരോ തമാശകളല്ലയോ ഇതൊക്കെ അല്ല ഞാനാ ഇതൊക്കെ പറഞ്ഞാരോടും പറഞ്ഞല്ലേ എന്നിട്ട് ചേലുള്ള ബാല്യക്കാരെ നോക്കി കൊച്ചമ്പ്രാക്കൾ ഒന്നു ചിരിച്ചൊന്നൊക്കെ ഇരിക്കും എന്ന് വെച്ച് കാര്യത്തിന്റെ മോളെ കെട്ടിയമ്മയാക്കാൻ പറ്റുമോ അവളൊരു പോഴത്തി എന്ത് ചെയ്തെന്ന് ആർക്കറിയാം തോരാതെ പെയ്തിട്ടും തീരാത്ത ഒരു കർക്കട രാത്രി കര കവിഞ്ഞു പുഴ വരുമെന്ന് പേടിച്ച് കോവിലകത്തൊന്ന് ആരും ഉറങ്ങിട്ടില്ല വെല്ലുങ്ങുന്നുള്ള കാലമാ നേരം വെളുത്തപ്പ കുമ്മരത്തിണ്ണവരണ്ട് വെള്ളം മലവെള്ളത്തിൽ കെട്ടുവിട്ടുപോയ കടത്തുവെള്ളം തിരക്കി ഇറങ്ങിയ കുമാരനാണ് ആദ്യം കണ്ടത് എന്ത് എന്ത് കണ്ടു എല്ലിക്കാട്ടിലെ മുള്ളുമ്മേൽ ഒടക്കി കിടക്കണം അവളുടെ ശവം ആരുടെ മായടെയോ പക്ഷേ കൊച്ചമ്പ്രാട്ടി അവളും മരിച്ചിട്ടില്ല ഇവിടെ മുഴുവൻ അവളുണ്ട് കുളിപ്പടവിലും വടക്കിനിയിലും ഇടനാഴിയിലും എല്ലായിടത്തും അവളുണ്ട് ചിലപ്പോ പണ്ടത്തെ കളിചിരിയായി ചിലപ്പോ പാതസരം കിളുങ്ങുന്നതായി ചിലപ്പോഴൊരു താരാട്ടുപാട്ടിന്റെ മൂളലായി മാളു എന്താ അടുക്കളയിലെ പണിയെല്ലാം നിർത്തി ഹരികഥാകാലക്ഷേപം തുടങ്ങിയ അത്താഴം കഴിഞ്ഞു പാത്രവും മൂറി വെച്ചു ഇനി എന്താണാവോ ചെയ്യേണ്ടത് ചുരുണ്ട എവിടെയെങ്കിലും കിടന്നുറങ്ങാ അതും രാമനാമം ജപിച്ചോണ്ടിരിക്കൊന്നും കാതു കൊടുക്കല്ലേ കേൾക്കാൻ കാതുണ്ടെങ്കില് ഇല്ലാത്ത കഥകൾ കൊണ്ടൊരു മഹാഭാരതം തന്നെ ഇവരുണ്ടാക്കും ആ മാധവൻകുട്ടി ഉറങ്ങിയോ കിടന്നു മോള് കിടക്കണില്ലേ അല്ല മുത്തശ്ശീ പ്രേതങ്ങൾ ഉണ്ടെന്ന് പറയണത് മോൾക്ക് എന്ത് തോന്നണോ എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല നല്ലത് പാതിയും ആളുകൾ ഉണ്ടാക്കുന്ന ആ രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ മോള് പോയി കിടന്നുറങ്ങൂ ശരി മുത്തശ്ശ ും നമുക്ക് നോക്കാംളൂ മാധവൻകുട്ടിയെ കാണുന്നില്ല എവിടെങ്കിലും ഉണ്ടോ വേഗം ചെല്ലാ ഓ കൊച്ചം കൊച്ചം മാട്ടി കൊച്ചി മാധവകുട്ടി കൊച്ചംപ്രാണേ മാധവുട്ടി കൊച്ചം മാധവുട്ടി വല്യ പ്രാണി ഓടി വരു ഇവിടെ ഇണ്ട് എവിടെ എവിടെ ാലോ ആണോ കുമ്പം വിഴുങ്ങിയ പോലെ നിൽക്കാതെ കുറച്ച് വെള്ളം എടുത്ത് തളിക്കാമോ ആ എന്താ ഇതെല്ലാവരും കൂടെ ഞാനെന്താ ഇവിടെ ഏ അത് ഞങ്ങളും ചോദിക്കണത് ചോദ്യവും വിസ്താരവും വേണ്ട അകത്തേക്ക് കൊണ്ടുപോവുക വരൂ വരൂ മാധവൻകുട്ടി ും വിശ്വാണുക്കാണേണ്ടി വരും എന്റെ ഭഗവതിയെ ചത്താലും കൊന്നാലും ഒന്നും അവള് വിട്ടിട്ട് പോവില്ല കൊച്ചംപ്രാനെന്താണ് സംഭവിച്ചത് എങ്ങോട്ട് ഞാൻ നടന്നാലും അവസാനം എത്തുന്നത് പുഴയുടെ ഈ പടവുകൾ തന്നെയാണല്ലോ ഉച്ചവേലുറങ്ങുമ്പോൾ പണ്ട് ഞാനിവിടെ ഓടി വന്നിരുന്നു എൻ്റെ മായയെ കാണാൻ പാവം പാവം എൻ്റെ മായ എന്തിനാണ് നീ ഇത് എന്തിനാണ് എന്നെ വിട്ട് നീ പോയത് എൻ്റെ മായെ നീ ഇന്നെവിടെയാണ് ഞാനിവിടെ തന്നെ മാധവേട്ടന്റെ മായ ഇവിടെ തന്നെയുണ്ട് എന്നെ കാണുന്നില്ലേക്കിപ്പോ ഇതാരാണെന്നോ നോക്ക് ഏതാണ് ഈ കുട്ടി ഏതാണെന്നോ അറിയില്ലേ കൊച്ചമ്പ്രാനേ ആ ആര് നാണുമായിരോ എന്താ തമ്പ്ര ഇവിടെ ഈ നേരത്ത് വെറുതെ വെറുതെ വന്നിരുന്നതാ വേണ്ട തമ്പ്രാ ആശ്രമങ്ങളിൽ വെറുതെ വന്നിരിക്കാൻ കൊള്ളാവുന്ന സ്ഥലമൊന്നുമല്ലത് വരൂ നമുക്കകത്തേക്ക് പോവാം ആ വല്യമ്പ്രാനെ എന്താണോ ഞാനൊരു കാര്യം പറഞ്ഞ അലോഹ്യം തോന്നോ പറയ കൊച്ചെ ഇന്നും കുളിപ്പടവിൽ കണ്ടു മാധവൻകുട്ടിയോ അതെ ഞാനാ വിളിച്ച് കോവലത്ത് ഉണ്ടാക്കിയത് എനിക്കെന്തോ ആകെക്കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ നാണ് പോയി കിടന്നോള പോകുമ്പോ ആ വാതിൽ അങ്ങടിച്ചു ഓമ്മിക്കണേ മുത്തുഭോളോ എന്താ മോളെ ഇതേ വരെ ഉറങ്ങിയില്ലേ നീയേ എന്താ മുത്തശ്ശ ഇതൊക്കെ എന്താ ഇതിന്റെ അർത്ഥം മോൾ ഇതൊന്നും കേട്ട് പേടിക്കാൻ നിക്കണ്ട പാതി ഇതുങ്ങളുടെ ഭാവനയാ എനിക്ക് പേടിയാവുന്നു പോയി കിടക്കാൻ നോക്കൂ രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ മാളൂമ്മേ പുതിയൊരവതാരം ഏയ് ഇതൊക്കെ അറന്നൂരെ ഒന്ന് നിങ്ങടെ വന്നേ ഇത് ബാംഗ്ലൂരൊന്നും ഇല്ല അത് തന്നെ കണ്ടാൽ അറിഞ്ഞൂടെ എന്നാലും നീ ഇത്ര പെട്ടെന്ന് എത്തിയല്ലോ നിങ്ങള് പോയ പിന്നെ രണ്ടു മൂന്ന് ദിവസം ഞാൻ ശരിക്കും അടിച്ചു പൊളിച്ചു പിന്നെ ബോറ് ഇന്നലെ രാത്രി രണ്ടെണ്ണം അടിച്ചപ്പോ പെട്ടെന്ന് തോന്നിയ ഐഡിയ അപ്പൊ ഇങ്ങോട്ട് വിട്ടു ആ അടക്കപ്പോട്ടെ വല്ലതും കിട്ടോ തിന്നാൻ വിശന്നിട്ട് ഉച്ചക്ക് വെച്ച സാമ്പാറും രാത്രിയിലെ പാവ അസ്റ്റ് ഒരു ഫ്രൈഡ് എഗ് അതൊന്നും ഇവിടെ നടക്കൂലെ ഒക്കെ നടത്തി തരാ മോളെ ുട്ടി എന്താ ചേച്ചി മാധവൻകുട്ടി അങ്ങനെയൊന്നും ഞാനിവിടെ ഉണ്ട് കുഞ്ഞുറങ്ങിയോ ഇല്ല തൊട്ടില് ഞാൻ അട്ടിക്കോട്ടെ ഓട്ടേട്ടെ നീ എന്ത ഈ വിശ്വസിക്കാൻ തുടങ്ങിയോ ബാംഗ്ലൂരിൽ നിന്നും പോകുന്ന നീയല്ല ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് എനിക്കല്ല പറ്റിയത് മാധവം ഇവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ല പേടിയാവുന്നടാ നീയൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് നിനക്കറിയോ ഞാൻ ഇന്നൂടെ പ്രാർത്ഥിച്ചു ഇതിലൊന്നുമില്ല എല്ലാ മനുഷ്യരിലുമുണ്ട് ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നാൽ ആർക്കും വട്ടായി പോകുമോളെ ഇതിനൊറ്റ വേ ഔട്ടേ ഉള്ളൂ നിങ്ങൾ രണ്ടാളും നാളെ തന്നെ എന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോരാളിച്ചാത്തും ട്രാക്കുളിയുടെ കോട്ട പോലത്തെ ഒരു കോവിലകോ ഇല്ല ഋഷി ഇപ്പെന്തായാലും വരാൻ സാധിക്കില്ല കുട്ടികൾ ഉണ്ടാവുമെങ്കിൽ ആള് മരിച്ചും നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഇത്ര ദിവസം ചെയ്തതല്ലേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം നിന്റെ ഇഷ്ടം പക്ഷേ രാവിലെ തന്നെ എനിക്ക് പോണം നീ ഒന്നും ചെയ്യാതെയാണോ മാധവം കുട്ടി പ്രാന്തനെ പോലെ നടക്കണത് നീ കാരണം അല്ലേ ഈ കുടുംബത്തിന്റെ തന്നെ സമാധാനം തകർന്നത് നിർത്തിക്കൂടെ നിന്റെ ഈ പകവീട്ടലൊക്കെ ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്റെ മകം മരിച്ചത് സ്വന്തം ദുഷ്കർമ്മങ്ങളുടെ ഫലത്തിൽ സ്വയം എരിഞ്ഞു തീർന്നതാണ് അങ്ങയുടെ മകൻ ഈ മായ അതിനുവാദിയല്ല അടക്കാനും ഒതുക്കാനും ആവാഹിച്ചെറിയാനും അറിയാഞ്ഞിട്ടല്ല എന്തിനും തയ്യാറായി വന്ന കിഴക്കേടന്റെ ദുർമന്ത്രവാദം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞവനാ ഞാൻ നിന്നെ ഓർത്തിട്ട് ഒരു വാക്ക് പറഞ്ഞാ മതി നാളെ എത്തും അയാള് പറഞ്ഞയക്കാൻ കിഴക്കേടെ എന്തിന് ഒരു വാക്ക് പറഞ്ഞാൽ മതി അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എന്നിട്ടേ ഞാൻ പോകൂ നിൽക്ക എങ്ങട്ടാണ് നീ പോണത് നിൽക്കാൻ എന്താളു പതിവില്ലാത്ത മാധവം കുട്ടിയോട് പറയാ അയാൾ ഈ നേരത്തെ എവിടെ പോയിരിക്കടവില് എങ്ങാനും കാണും മായ മായെ പറയ കുഞ്ഞു എന്താ പറയു സുഭദ്ര ഏൽപ്പിച്ചെന്നോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് മായേക്ക് മാധവം മാധവം എന്തൊക്കെയാണ് എന്തൊക്കെ ഭ്രാന്തേ എന്റെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ദൈവം തന്ന അനുഗ്രഹം ആയി അതൊന്ന് പറയാൻ ഓടി വന്നപ്പോ ഇത് എന്റെ കുഞ്ഞല്ലെന്നോ തങ്ങട്ടി വാടാ പെടിയോ മൂറു പ്രാണ്ടായേ നിങ്ങൾക്ക് പേർച്ച ചേട്ട വായികാരി പെണ്ണായുള്ള ഇ പ്രണയനാടകം നടтарായല്ല ഇതുവരെ വാടാടക്കി അവളെപ്പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞോക്കൊണ്ടു ഞാൻ റിഞ്ഞൂട്ടോ സന്തോഷമായി താഴേക്കാവിലെ ദേവിക്ക് ഇപ്പോഴും പഴയ ശക്തി ഉണ്ടെന്ന് തെളിഞ്ഞല്ലോ ഓഹ് ഇല്യമ്പ്രാൻ്റെ ഒരു സന്തോഷം കാണണം വയസ്സൊരു പത്ത് കുറഞ്ഞതുപോലെ അല്ല കൊച്ചുപ്രാൻ കണ്ടിട്ട് ദിവസം കുറച്ചായല്ലോ കുമാര മായ എങ്ങനെയാ മരിച്ചത് എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിയണം അതെനിക്ക് എങ്ങനെ അറിയും അറിയാം ഉടക്കി കിടന്ന അവളുടെ ശവം ആദ്യം കണ്ടത് നീയാണ് കഴുത്തിലൊക്കെ എന്തോ ഇട്ട് വരിഞ്ഞു മുറുക്കിയതിന്റെ പാടുണ്ടായിരുന്നു ചോരചത്ത് നീലച്ച് കിടക്കുന്ന പാട് ആരായിരുന്നു അത് ചെയ്തത് ഞാനായിട്ടെങ്ങനെ പറയേ ആളുകള് അതും ഇതുമൊക്കെ പറഞ്ഞ് പക്ഷേ വർഷമൊന്നും തികച്ചില്ല വല്യങ്ങെന്ന് ആ അതും ഞാൻ തന്നെ കണ്ടു ഇതുപോലൊരു വേനൽക്കാലം മുട്ടൊപ്പമില്ലാത്ത പുഴവെള്ളത്തിൽ അതേ ഇല്ലിച്ചോട്ടിൽ നീലച്ചു കിടന്നിരുന്നു കൊച്ചംഭ്രാൻ്റെയൊക്കെ അച്ഛൻ്റെ ശരീരം എന്താ ഇതിനർത്ഥം അവളത് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ ഗതി കിട്ടാതെ അല്ലേ അല്ലേ പാവം മരിക്കുമ്പം ഗർഭിണിയായിരുന്നേ ക്യൂ പറഞ്ഞു നിത്തിയല്ലോ എന്താ ഇറങ്ങല്ലേ ഇല്ല അപ്പോഴ് താഴേക്കാവിൽ കിഴക്കടുത്തും മനോ തനിക്ക് അറിയാം അങ്ങോട്ട് പോട്ടെ അത് അത് വേണോ വേണം ഒഴിപ്പിക്കാൻ ചെയ്യും എന്ത് വേണമ സ്വന്തം ഭർത്താവ് രാവും പകലും ഭ്രാന്തനെ പോലെ ഇവിടെ കിടന്ന് അലയുമ്പോ ഞാനവിടെ സ്വർണത്തിൽ ആവാഹിച്ചെടുത്ത് പൂജാമുറിയിൽ വെച്ച് പൂജിക്കണോ മോള് വിചാരിക്കുന്നത് പോലെ മായ ദുരാത്മാവൊന്നുമല്ല പഞ്ചഭാവം മതി നിങ്ങളുടെ അല്ല ഈ സെന്റിമെന്റ്സാ ഇതല്ല ഇത്ര വഷളാക്കിയത് എല്ലാം ഇന്നത്തോടെ തീരണം ഈ ഉമ്മർത്ത് കിഴക്കേടം അവളെ വിളിച്ചു വരുത്തി ആവാഹിക്കും എന്നേക്കുമായിട്ട് അവളെ ബന്ധിക്കും ഇല്ല ഇല്ല മാധവേട്ട എന്നെ ബന്ധിക്കാൻ ഒരു കിഴക്കേടനുമാകില്ല പക്ഷേ മരിക്കാത്ത മാതൃത്വമാണ് ഞാൻ എന്റെ കുഞ്ഞ് ജനിക്കുന്നതുവരെ ഞാനിവിടെ വേണം മാധവേട്ടന്റെ കയ്യിലിരുന്ന് അത് ചിരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ ചാത്തനും മറുദയുമൊക്കെ കിഴക്കേടത്ത് മനയിലെ വാല്യക്കാരില്ല അത് എനിക്കറിയോ അതാ കിഴക്കടത്ത് തിരുമേനിക്ക് വാല്യക്കാര് ഇവരൊക്കെ തന്നെയാ ീന്നൊരു ഓലത്തുമ്പ് പോവില്ലേ ആ പാട്ടിലിരിക്കുന്ന സ്വർണം ആവാഹിക്കുന്നത് മന്ത്രം കൊണ്ടുള്ള ഒരു ബന്ദിക്കല് തന്നെ അതോടെ തീരും അവളുടെ പാട്ടും ഈ തറവാടിന്റെ ശാവോ ഉച്ചാടനവും ബന്ധിക്കലും ഒക്കെ കിഴക്കേടം ചെയ്തോളും ദൃക്സാക്ഷി വരണം വേണ്ടോ എവിടെങ്കിലും കാണുന്നുണ്ടായോ കുളിപ്പഴവലും ഉണ്ട് പുഴയിലേക്ക് നോക്കിയോ എന്താ മോളെ ഇത് എപ്പതുടങ്ങിയ പൂജ എന്തോ ഒരു പന്തികേട് പോലെ തോന്നും ഇതൊക്കെ പന്തികേടായിട്ട് ഇവിടെ ഉള്ള എല്ലാർക്കും തോന്നു ഞാൻ അങ്ങനെയൊന്നും ആരും ഒന്നും പറയണ്ട അവളെ ഒഴിപ്പിക്കുന്നതുവരെ ഈ പൂജ ഇവിടെ നടക്കും എന്തു പറ്റി എന്തു പറ്റി തിരുമേനി ജീവിതത്തിൽ ആദ്യമായിട്ട് ലോകം മഹാമാന്ത്രികൻ എന്ന് വിളിക്കുന്ന കിഴക്കേടത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാണ് ഒരു കൊച്ചു പെണ്ണിന്റെ ആത്മാവിന് മുന്നിൽ പരാജയം സമ്മതിക്കണം തനിക്ക് എന്താ വെളിപ്പുറത്ത് നിൽക്കുന്ന ഉപാസനാമൂർത്തികൾ കറതീർന്ന മന്ത്രസിദ്ധി എവിടെ പോയി അതൊക്കെ പരിഹാസം വേണ്ട തമ്പലാട്ടി കൊച്ചിനെ കിഴക്കേടത്ത് നമ്പൂരാരെ ശരിക്കും അറിയില്ല എന്ന് കർമ്മങ്ങൾക്ക് പ്രതിഫലം വാങ്ങാറില്ല അത് പണമായാലും പരിഹാസമായാലും വേണ്ടി അറിവില്ലാണ്ട് എന്തോ പറഞ്ഞെന്ന് അറിവില്ലാത്തതങ്ങ് പറഞ്ഞു കൊടുത്തുന്ന് ഇതേ പറ്റി അങ്ങട്ട് മതി തനിക്കറിയാലോ നന്നേ ഒരു ദുരാത്മാവായിരുന്നെങ്കിൽ രണ്ടു വട്ടം ആലോചിക്കില്ലായിരുന്നു പക്ഷെ ഇതങ്ങനല്ല അനുഗ്രഹം ചൊരിഞ്ഞങ്ങനെ നിൽക്കുക ഐശ്വര്യമാണവൾ അഷ്ടഐശ്വര്യങ്ങൾ ആഷ്ടിയോടിച്ചു കളയണോ അതിനെ ദുഷ്ടതയെ നമുക്ക് ആവാഹിക്കാം ബന്ധിക്കാം ഉച്ചാടനവും ചെയ്യാം പക്ഷേ സ്നേഹത്തെ മാതൃഭാവം പൂണ്ടു നിൽക്കുന്ന സ്നേഹമാണവള് ദേവിയ സങ്കല്പം ചെയ്ത് പൂജാമുറിയിൽ കുടിയിരുത്തി പൂജിക്കണം നിങ്ങളവളെ അറിയാൻ കഴിക്കണം എല്ല അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇത്രയും കാലം കൊണ്ടു കടന്നതും പക്ഷേ ഇനി എത്ര ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവൾക്ക് തിരിച്ചുപോയല്ലേ പറ്റൂ ഉദ്ദേശിച്ചതെന്തോ അതുവരെ അതുവരെ അവൾ ഇവിടുണ്ടാവും തപ്രാട്ടിക്കുട്ടി പേടിക്കണ്ട ഉപദ്രവിക്കില്ല അനുഗ്രഹിച്ചേ പോഗ്രികളെല്ലാം എടുത്തു വച്ചോളൂ അപരാധങ്ങൾക്കെല്ലാം ഞാൻ ഇറങ്ങായി മാതൃ എന്താ ഞാൻ ഈ മടിയിൽ ഒന്ന് കിടന്നോട്ടെ കിടന്നോളൂ വിട പറയാൻ നേരമായി പൂക്കളോട് ഈ പുഴയോട് പടവുകളോട് ദുഃഖങ്ങൾ മാത്രം തന്ന് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകാനും എന്തൊരു വേദനയാണ് ഈ കൽപ്പടവിൽ ഇനി എന്തെങ്കിലും വന്നിരിക്കാൻ ഒരു ജന്മം ഒരു ജന്മം കൂടെ എനിക്ക് വേണം എന്റെ മാധവേട്ടന്റെ മടി ഇവിടെ ഇതുപോലെ കിടക്കാൻ എന്റെ കുഞ്ഞിനെ ലാളിച്ച് ലാളിച്ച് വളർത്താൻ മതി മായേ മതി കേട്ടിട്ട് താങ്ങാനാവുന്നില്ല ഞാൻ കൂടെ വരട്ടെ നിന്റെ അരുത് അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് നോക്ക് വർഷത്ത് പോലും പെയ്ത് വിടവാങ്ങി കരഞ്ഞു തെളിഞ്ഞ് ഈ രാത്രി മാനത്ത് ഇന്ന് രാതിരാനക്ഷത്രമുദിച്ചു വരും ഉദയത്തിന് പതിനൊന്ന് നാഴിക ബാക്കിയുള്ളപ്പോൾ സുഭദ്ര എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും വരൂ നമുക്ക് കോലവത്തേക്ക് പോകാം എന്റെ മോളെ നിന്നെ ഞാൻ ശപിക്കൂ അനുഗ്രഹിക്കാൻ ഈ തമ്പുരാന്റെ കൈകൾക്ക് അർഹതയില്ലാതെയായി പോയി അരുതായ്മകളുടെ മുന്നിൽ അശക്തനായി പോയി വൃദ്ധനോട് അങ്ങനെയൊന്നും എന്നോട് പറയരുത് തിലധികം അങ്ങെനിക്ക് തന്നു എനിക്കെന്നും അങ്ങ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്ക് വെള്ള കയറി തുടങ്ങാൻ ഇനി നിമിഷങ്ങളേ ഉള്ളൂ ഞാൻ പൊയ്ക്കോട്ടെ നീ പോയാൽ പിന്നെ എനിക്ക് പോണം പോയല്ലേ പറ്റൂ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ പുഴയുടെ പടവിൽ ഇതുപോലെ മുത്തശ്ശൻ്റെ കൈ പിടിച്ചു തരാൻ ഞാൻ വരും സമയമായി പുഴയിലെ ഓളങ്ങൾ എന്നെ വിളിക്കുന്നു സമാപിക്കുന്നു നാടകരചന ഷിബു ചക്രവർത്തി കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും തമ്പുരാൻ എം കെ വാര്യർ നാണുനായർ വി എസ് രവീന്ദ്രനാഥ് മാധവൻകുട്ടി പി വൈ ജോസ് കുമാരൻ കെ എൻ നാരായണൻകുട്ടി കിഴക്കിടത്ത് തിരുമേനി ടി കെ സി നെട്ടൂർ ഋഷി ഉണ്ണി സത്താർ പൂജാരി ഡി പരമേശ്വരൻ പോത്തി മാളുവി പ്രഭാവതി മായ ബബിത സുഭദ്ര മിനി എം പി സംവിധാനം കെ